ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരിൽ പലരും അള്ളാഹുസുബഹാനഹു വറ്റാലക്ക് സാഷ്ടാംഗം പ്രണമിക്കുന്നത് നീ കണ്ടില്ലേ എന്നാൽ പലർക്കും ശിക്ഷ അനിവാര്യമായിരിക്കുന്നു അള്ളാഹുസുബഹാനഹു വറ്റ ആര് നിന്ദിക്കുന്നുവോ അവനാദരിക്കാനാരുമില്ല തീർച്ചയായും അള്ളാഹുസുബഹാനഹു വറ്റ താനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു